ിദ്ധ്യമായി നമ്മുടെ ചിന്തകളെ പ്രശാന്തമാക്കുന്ന ആത്മീയ ചിന്തകളുമായി ധ്യാനവചസുകൾ നമുക്കായി ഒരുക്കുന്നു സിസ്റ്റർ ഡെൽന റോസ് എം എസ് ക്രിസ്തുവിൽ പ്രിയമുള്ളവരെയും ഉദ്ധിതനായ ഈശോയുടെ ആദ്യ സമാധാനം യഹൂദരേ ഭായ കഥ കടിച്ചിരുന്ന ശിഷ്യന്മാരുടെ മധ്യേ സാന്നിധ്യമരളിയ ഈശോ അവരോട് അരളി നിങ്ങൾക്ക് സമാധാനം ജീവിത സ്വപ്നങ്ങൾ പൊലിഞ്ഞ് മരണഭീതിയാൽ നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാൽ അസ്വസ്ഥരായിരുന്നവർക്കാണ് ഈശോ സമാധാനം നൽകിയത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന എല്ലാവർക്കും അവിടുന്ന് സമാധാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ സമാധാനം നശിപ്പിക്കുന്ന നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം ഉദാഹരണമായി ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ കടബാധ്യത സഹജീവികളിൽ നിന്നും സ്വീകരിച്ച മുറിവുകൾ മാതാപിതാക്കളുടെയും മേലധികാരികളുടെയും മുറിപ്പെടുത്തുന്ന വാക്കുകൾ എന്നിവ ജീവിത സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും അവയിൽ ഇടപെട്ട് ശാശ്വതമായ സമാധാനത്തിലേക്ക് ദൈവം നമ്മെ നയിക്കും യേശ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം മൂന്നാം തിരുവചനം അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു ദൈവത്തിൽ ഹൃദയമുറപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരിക്കലും മാറാത്ത ശരണത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനോഭാവം ഹൃദയസമാധാനത്തിലേക്ക് നയിക്കും ഉചിതമായ സ്ഥലത്ത് നങ്കൂരമടിച്ചിരിക്കുന്ന കപ്പൽ എത്ര ശക്തമായ കാറ്റടിച്ചാലും ഇളകാത്തതുപോലെ ജീവിത പ്രതിസന്ധികളിൽ നമ്മുടെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കണം സമാധാനം നമ്മിലേക്കൊഴുകുവാൻ നമ്മുടെ ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രതിസന്ധികൾ മല ഉയർന്നു നിൽക്കുമ്പോൾ പ്രത്യാശയുടെ കച്ചിതുരുമ്പുകൾ അറ്റുപോകുമ്പോൾ തകർച്ചകൾ തിരമാലകൾ പോലെ മാറി ജീവിതവഞ്ചിയിൽ ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ തനിച്ചല്ല കൂടെ നടക്കുന്നവനിൽ കൂട്ടുകാരനാകാൻ ആഗ്രഹിക്കുന്നവനിൽ ഹൃദയം ഉറപ്പിക്കാം അവിടുത്തോട് ആലോചന ചോദിക്കാം അവിടുന്ന് നമ്മെ തൻ്റെ വഴിയിലൂടെ നയിക്കും സമാധാനത്തിന് നദി നമ്മിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് സമാധാനമെന്ന ഈശോയുടെ ആശംസ അപ്പോൾ നമ്മിൽ അന്വർത്ഥമാകും സമാധാനദാതാവായ ഈശോയുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതമാകുന്ന കപ്പൽ നങ്കൂരമടിപ്പിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ ധ്യാനവചസ്സുകൾ നമുക്കായി ഒരുക്കിയത് സിസ്റ്റർ ഡെൽന റോസ് എം എസ്